ുടെ അനുമാനം എങ്ങനെയാണ് അറിയില്ല തമപരമാണവ അറിയത്തില്ല അറി ദ്രവ്യ അനാരംഭക അസ്പർശകത്വ യഥാമന ഉപാധി പറഞ്ഞു കാര്യദ്രവ്യവ്യർഥത്വം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യാപ്തി പറഞ്ഞു എത്ര എത്ര അസ്പർശകത്വം ദ്രവ്യ അനാരംഭകത്വം എന്ന് പറഞ്ഞു വ്യാപ്തി യഥാമന എത്ര അസ്പർശകത്വം എത്ര എത്ര ദ്രവ്യ അനാരംഭകത്വം യഥാ മനഃ മനസ്സിൽ അസ്പർശകത്വമുണ്ട് ദ്രവ്യ അനാരംഭകത്വമുണ്ട് അവൻ പറയുന്ന ഈ വ്യാപ്തി ശരിയല്ല ഈ വ്യാപ്തിയിൽ ഉപാധിയുള്ളൂ എന്ന് പറഞ്ഞു എന്താണ് ഉപാധി വൈയർത്ഥ്യം കാര്യദ്രവ്യ വൈയർത്ഥ്യം അതെങ്ങനെ ഉപാധി വരും അവയുന്നു ദ്രവ്യ അനാരംഭകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടോ മനസ്സിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടായാൽ ആ കാര്യദ്രവ്യം ഭോഗസാധനമാകത്തില്ല അതുകൊണ്ടത് വ്യർത്ഥമാകും എന്ന് പറഞ്ഞു ിക്കുന്നത് എന്തുകൊണ്ട് വ്യർത്ഥമാകുന്നു മനസ്സിൽ നിന്നൊരു ദ്രവ്യം ഉണ്ടായാൽ അത് ഭോഗസാധനമാകത്തില്ല എന്തുകൊണ്ട് ഭോഗസാധനമാകുന്നില്ല അതിന് സമാധാനം എന്ത് പറഞ്ഞു ഭോഗസാധനം ആകണമെങ്കിൽ ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതമായാലേ ഭോഗസാധനമാകും അപ്പോ മനസ്സിൽ നിന്നൊരു ദാരിദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീര അന്തർഭൂതമാകത്തില്ല കാരണം ശരീരം നാലേ ഉള്ളൂ മനസ്സിൽ നിന്നൊരു കാര്യം ഉണ്ടായാൽ വിഷയം അന്തർഭൂതമാകത്തില്ല എന്തുകൊണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ രൂപം അല്ലെങ്കിൽ സ്പർശം വേണം മനസ്സിൽ നിന്നുണ്ടായാൽ മനസ്സിന് സ്പർശമില്ല രൂപമില്ല ഉണ്ടാകുന്നതിന് സ്പർശ രൂപവും കാണത്തില്ല പിന്നെ ഇന്ദിര രൂപത്തിൽ ഭോഗസാധനമാണെങ്കിൽ മനസ്സാണ് മനസ്സിൽ നിന്നുണ്ടാകുന്നത് ഇന്ദിരൂപത്തിൽ ഭോഗസാധനമാകത്തില്ല എന്ന് യും പറഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തീർത്താണ് പക്ഷെ ഹിന്ദിയാണ് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ആകെ ഇട്ട് കുഴയ്ക്കുന്നത് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നുവെച്ചാൽ ശരീരം ശരീര അനന്തർഭൂത കാര്യദ്രവ്യസ്യ ബോധസാധനത്വവും പരയിൽ അംഗീകരിച്ചത് അതിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കറക്റ്റ് ചെയ്ത് വെച്ചങ്ങനെ ശരീര ഇന്ദ്രി ആർ വിഷയ ഇൻസെ ബെന്സിന് അങ്ങനെ പറഞ്ഞ അത് ശരിയാണ് അതിന് പകരം ആ കോയ മാറ്റി കളഞ്ഞാലോ കോയ മാറ്റി കഴിഞ്ഞു അതും മതിയല്ലോ എന്നുപറഞ്ഞ ഇവിടെ നഗശരീരഇ വിഷയ അനന്തർഭൂത കരിദ്രവ്യസ ഭധനത്വം പരിഹരങ്ങ എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരീരഇന്ദ്രിയ വിഷയ അനന്തർഭൂതമായ ഒന്നും അത് കാരിദ്രവ്യത്വേന ഭോഗസാധന ആകത്തില്ലെന്നാണ് ശരീരം ഇന്ദ്രിയം വിഷയം ഈ മൂന്നിൽ ഉൾപ്പെടാത്ത ഒന്നിനെ നമുക്ക് കാര്യദ്രവ്യമായി ഭോഗസാധനമായിട്ടെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യാപ്തിയുണ്ട് എന്താണ് എത്രയെത്ര കാര്യദ്രവ്യ ഭോഗ സാധനം അല്ലെങ്കിൽ കാര്യദ്രവ്യത്വേസരി ഭസാധനം തത്രയത്ര ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വം മനസിലായോ അല്ല മറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എത്രയെത്ര ഭോഗ സാധനത്വം തരീരഇ വിഷയ അന്തർഭൂതത്വം എന്ന് കഴിഞ്ഞാൽ വ്യാപ്തിയിൽ വ്യഭിചാരം വരും ഇങ്ങനെ പറയണം എത്രയെത്ര ഭോഗ സാധനത്വം തത്ര ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വം ശരിയാവോ എന്തുകൊണ്ട് അപ്പൊ ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതമല്ലാത്ത ഗുണം അവിടെ എന്തു വരുന്നു ഭോഗസാധനം ഉണ്ട് ശരീരവിഷയ ഇന്ദ്രിയ അനന്തർഭൂതമാണ് ഗുണം അവിടെ ഭോഗസാധനം വരുന്നത് ശരീരവിഷ എത്ര എത്ര ഭോഗസാധനത്വം തത്ര ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വം എന്ന് ശരീര വിഷയ ഇന്ദ്രിയ അന്തർഭൂതമല്ലാത്ത ഒരു സ്ഥലത്ത് ഭോഗസാധനമുണ്ട് എന്നുവെച്ചാൽ വ്യാപകം ഇല്ലാത്തടത്ത് വ്യാപ്യം ഇരിക്കുന്നു നമ്മുടെ വ്യാപകം എന്താണ് ശരീര ഇന്ദ്രിയ വിഷയ അന്തർഭൂതത്വം വ്യാപ്യം എന്താണ് ഭോഗസാധനം അപ്പോ വ്യാപകം ഇല്ലാത്തടത്ത് വ്യാപ്യം ഇരുന്ന എന്ത് വരും വ്യഭിചാരദോഷം വരും പർവ്വതോ ധൂമവാൻ വന്നേഹേ എന്ന് പറയുന്നു സാധ്യമെന്തായോ ധൂമം ധൂമം ഇല്ലാത്തടത്ത് വന്നിയിരിക്കുന്നു വ്യഭിചാരം വരും ധൂമം ഇല്ലാത്തോളകത്തി എന്തിരിക്കുന്നു വന്നിയിരിക്കുന്നു വ്യഭിചാരദോഷം പർവ്വതോ ധൂമവാൻ വന്നേഹേ സാധ്യമെന്താണോ ധൂമം ധൂമം സാദ്ധ്യാഭാവം എന്താണോ ധൂമാഭാവം എവിടെയുണ്ട് അവിടെ എന്തിരിക്കുന്നു അന്യീകരിക്കുന്നു വ്യവിചാരം അതുപോലെ ഇവിടെയും വരും എന്താണ് ഇന്ദ്രിയ വിഷയ അനന്തർഭൂതത്വം ഗുണം അവിടെ സാധനത്വം ഭൂഖസാധനത്വം കൊണ്ടും വ്യാപ്തി ശരിയാകത്തില്ല ഗുണം മാത്രമല്ല ഗുണാദികൾ ഗുണം ഭോഗസാധനമാണ് പിന്നെ കർമ്മം ഭോഗ സാധനമാണ് സാമാന്യം ഭോഗസാധനമാണ് അഭാവം ഭോഗസാധനമാണ് വിശേഷാതീന്ദ്രിയമാണ് അതുവഴിയെ ബാക്കിയെല്ലാം ഭോഗസാധനമാണ് അവിടെയെല്ലാം എന്തൊരും ഭോഗസാധനത്വം ഹേതുയിരിക്കുന്നു ഗുണാദികളിൽ അതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞ എന്താണ് കഴിഞ്ഞ ദിവസം വിധാന്തർഭാവ ത്രിവിധാന്തർഭാവം എന്ന് എന്തിനു പറഞ്ഞു അനന്തർഭൂതസ് കിമിതി പോക ഭോഗിപത് അനന്തർഭൂതമായ ഒന്നിനെന്തുകൊണ്ട് ഭോഗസാധനമായി കൂടെ ഗുണത്തെപ്പോലെ എന്ന് വെച്ചാൽ ഗുണം അനന്തർഭൂതമാണ് അതിന് ഭോഗസാധനത്വം വരാമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്തു പറഞ്ഞു ദ്രവ്യം ചേർത്തു ദ്രവ്യത്വേന ഭോഗ സാധനത്വം ദ്രവ്യത്വേന ഭോഗസാധനത്വം ഇനി നോക്കുക എത്രയെത്ര ദ്രവ്യത്വേന ഭോഗസാധനത്വം തത്രയത്ര ത്രിവിധ അന്തർഭൂതത്വം ശരിയാണോ കാലത്തിൽ പോകുന്നു കാലാദികൾ കാലം എന്തുകൊണ്ട് കാലം എന്ന് പറയുന്നത് ത്രിവിധ അനന്തർഭൂതമാണ് കാലം ത്രിവിധത്തിന് അന്തർഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇങ്ങനെയാണ് വ്യാപ്തി പറയുന്നത് എത്രയെത്ര ദ്രവ്യത്യന ഭോഗ സാധനത്വം ത്രിവിധ അന്തർഭൂതത്വം എത്രയെത്ര ദ്രവ്യത്യുന ഭോഗ സാധനത്വം തത്രയത്ര ത്രിവിധ അന്തർഭൂതത്വം എന്ന് ത്രിവിധ അനന്തർഭൂതമായി കാലം ദ്രവ്യത്വേന ഭോഗ സാധനമാണ് വീണ്ടും വ്യാപകത്തിന്റെ അഭാവത്തിൽ വ്യാപ്യം വന്നു അല്ലേ അതുകൊണ്ട് ഇതിനൊന്നുകൂടെ പരിഷ്കരിച്ചിട്ട് പറഞ്ഞു കാരിദ്രവ്യത്വേന ഭോഗ സാധനത്വം എത്രയെത്ര തൃവിധ അന്തർഭൂതത്വം അങ്ങനെയാണ് കരിദ്രവ്യത്വേന ഭോഗസാധനത്വം എത്രയെത്ര അന്തർഭൂതത്വം ഇനി നോക്കുക ത്രിവിധ അനന്തർഭൂതമായ ഭോഗസാധന ഏതാണ് കാലം പക്ഷെ അവിടെ കാര്യദ്രവ്യത്വന ഭോഗ സാധനത്വം ഇല്ല വ്യാപ്തി ശരിയായി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് നജ ശരീരഇന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യസ്യ ഭോഗ സാധനത്വം നാസ്തി എന്ന് പറഞ്ഞാൽ കാര്യദ്രവ്യത്വന ഭോഗ സാധനത്വം ഇല്ല എന്നർത്ഥം മനസ്സിലാകും എന്ന് പറയുമ്പോൾ ശരിയാവും അത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിന് താഴെ കാര്യദ്രവ്യസ്യ വ്യത്യസ് അത്ര ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് രഹസ്യം താൽപര്യം കാര്യദ്രവ്യസ്യ എന്ന് പറഞ്ഞതിന്റെ എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു കാര്യദ്രവ്യ ഭോഗം എന്ന് പറയുന്നത് കാര്യദ്രവശ്യ എന്ന് പറയുന്നത് എന്റെ താല്പര്യം ഇതാണ് തത്ര കാലാധീനം സർവ ഉത്പത്തിനിമിത്തതയാസ്തി എന്നാണ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു കാലം ദേശം ഇവക്കെല്ലാം എന്താണ് സർവ ഉത്പത്തിനിമിത്തതയ ജന്യാനാം ജനകാല എന്നാണ് നിയമം അതുകൊണ്ട് അവിടെ എന്താണ് ത്രിവിധ അനന്തർഭൂതമാണ് എന്നുള്ളത് ഭോഗസാധനമാണ് അത് ഭോഗസാധനമായിരിക്കുന്നത് ശരീരമായിട്ടോ ഇന്ദ്രിയമായിട്ടോ വിഷയമായിട്ടോ അല്ല ഗുണവും കാലവും വിഷയമായിട്ട് പോകസാധനമല്ല എന്തുകൊണ്ട് ഗുണവും കാലവും വിഷയമായിട്ട് പോകസാധനമല്ല എന്തുകൊണ്ട് ഏ ഗുണം നിത്യമാണ് ഇതൊരു പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടിരുന്നവർക്ക് മനസ്സിൽ പറയാം ഉത്തരം പറയാം ഗുണവും കാലവും വിഷയമായിട്ട് ഭോഗസാധനമല്ല ആ വിഷയം എന്ന് പറയുമ്പോൾ കാരിദ്രവ്യമാണ് എന്തുകൊണ്ട് ശരീര ഇന്ദ്രിയ ഭിന്നി അവൈവിത്വം ആണ് വിഷയം ഇവിടെ ടി വിയിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ നാലാമത്തെ വരി ശരീരേന്ദ്രിയതിരിക്ത അവയവീക വിഷയ നാലാമത്തെ വരിയിലുണ്ട് അപ്പോ ഗുണവും എന്തല്ല ശരീരേന്ദ്രിയ വ്യതിരിക്തമായ അവയവീയല്ല ഗുണാവയവീയല്ല അവയവില്ല കാലം നിത്യമായിട്ടതും വിഷയത്വേന ബുക സാധന അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായി വ്യാപ്തി എങ്ങനെ എത്ര കാര്യദ്രവ്യത്വേന ഭോഗസാധന വിഷയ അന്തർഭൂതത്വം ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുക അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ശരീര ഇന്ദ്രിയ വിഷയ ഇൻസെബെന്നെ എന്താണ് ജന്യദ്രവ്യത്വേന ഭോഗസാധനം ജന്യദ്രവ്യക്കോ വേണ്ട ജന്യദ്രവ്യ ധനത്വം അല്ലെങ്കിൽ ജന്യദ്രവ്യ ഭോഗ സാധനം അങ്ങനെ കിടക്കുമ്പോൾ മതി ജന്യദ്രവ്യ ഭോഗ സാധന തർക്കികാദി മൺത്തേനഹി എന്നാകുമ്പോൾ അത് കറക്റ്റാകും ഈ ആശയക്കുഴമക്കളെല്ലാം മാറും ക്ലിയറായല്ലേ ഹിന്ദിയിലെ പിറകിനാണ് രണ്ടു മൂന്നു ദിവസം പോയി നേരത്തെ ഇതൊക്കെ പറഞ്ഞു വെച്ചാണ് ഇത്രയായി അപ്പോ ജന്യദ്രവ്യ ഭോഗ സാധനം എന്ന് പറഞ്ഞാൽ ഈ മൂന്നിൽ ഉൾപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു കാര്യദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യദ്രവ്യം ആ കാര്യമായി ദ്രവ്യമായി അത് ഈ മൂന്നിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഭോഗസാധനം ആകത്തുള്ളൂന്ന് ഇരുക്കം അല്ലേ അപ്പൊ മനസ്സിൽ നിന്നൊരു കാര്യ കഴിഞ്ഞാൽ ഈ മൂന്നിൽ ഉൾപ്പെട്ടാലേ അത് ഭോഗസാധനം ആകത്തുള്ളൂ അല്ലെങ്കിൽ എന്തൊരും അങ്ങനെ ഉണ്ടാകുന്നു എന്ന് കൽപ്പിക്കുന്നു വ്യർത്ഥമാണെന്ന് സ്വീകരിക്കേണ്ടി വരും അങ്ങനെ ഒന്നിനെ കല്പിച്ച അങ്ങനെ ഉണ്ടാകാമെന്ന് പൂർവക്ഷിയാ പറഞ്ഞത് മനോ മനോവത് എന്ന് പറഞ്ഞു മനോവത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ സ്പർശമില്ലാത്തുകൊണ്ട് എന്താണ് ദ്രവ്യാരംഭകമല്ലെന്നാണ് എന്ന് പറഞ്ഞാൽ ദ്രവ്യാരംഭകമായി കഴിഞ്ഞാൽ വ്യർത്ഥമാകൂന്ന് അവരാ പറഞ്ഞു ഇത്രയും വിഭാഗങ്ങൾ ഇവിടെ ക്ലിയറാണ് വ്യർത്ഥമല്ലേ മനസ്സിന് അതാണ് ഇനി പറയാൻ പോകുന്നത് ി പറയാൻ പോകുന്നത് ഇതേ അനുമാനത്തിൽ എന്തുവരുന്നു ഉപാധി എങ്ങനെയാണ് വരുന്നത് നോക്കുകയാണ് തമപരമാണവ പക്ഷം ദ്രവ്യ അനാരംഭകത്വം സാധ്യം അസ്പർശവത്വ ഏതും ഉപാധി എന്ന് പറയുന്നത് കരിദ്രവ്യ വൈയർദ്ധ്യം ഇതാണ് അപ്പൊ ഉപാധി എന്ന് പറയുന്നത് എന്താണ് സാധ്യത്തിന്റെ വ്യാപകമായിരിക്കണം സാധനത്തിന്റെ അവ്യാപകമായിരിക്കണം ആ ഭാഗം കൂടെ മനസ്സിലാക്കി എത് തീർന്നു അപ്പൊ അതിനുവേണ്ടി ഇവിടുത്തെ സാധ്യം ഏതാണെന്ന് നോക്കണം എന്താണ് സാധ്യം ദ്രവ്യ അനാരംഭകത്വം അതാണ് സാധ്യം എന്തുകൊണ്ട് തമപരമാണവ ദ്രവ്യ അനമ്പാര ഇതിന്റെ വ്യാപകമായിരിക്കണോണ്ട് കാരിദ്രവ്യ വയർത്യം അല്ലേ ദ്രവ്യ അനാരംഭകമാണ് സാധ്യം അതാണ് തമപരമാണുവിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ വ്യാപകമായിരിക്കണന്ത് കരിദ്രവ്യ വയർത്തി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കണമെങ്കിൽ ദ്രവ്യ അനാരംഭകത്വം എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം ദ്രവ്യ ഉള്ളത് ഈ നാലെണ്ണം ഒഴികളുടെ അടുത്ത് പൃഥിവി അപ്പ് തേജസ് വായു നാലും വെച്ചാൽ അന്നെണ്ണം കാര്യദ്രവ്യം ഉണ്ടാകും ബാക്കി വരുന്ന ആകാശം കാലം ദിക്ക് ആത്മാ മനസ് ഏ ആറ് ദ്രവ്യങ്ങൾ വ്യങ്ങളും എന്താണ് ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സഞ്ച് അതിനെ കുറിച്ച് എന്തിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ദ്രവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നു ഈ അഞ്ച് എണ്ണവും എന്താണ് ദ്രവ്യ അനാരംഭകങ്ങളാണ് അല്ലേ ഇനി നോക്കേണ്ടത് കാര്യദ്രവ്യ വൈയർദ്ധ്യത്തെ കുറിച്ചാണ് ദ്രവ്യങ്ങളിൽ നിന്നും കാര്യദ്രവ്യം ഉണ്ടായാൽ അത് വ്യർത്ഥമായി പോകും അത് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇത്രയും ചർച്ച ചെയ്തത് അതായത് ആകാശം കാലം ദിക്ക് ആത്മാ മനസ് ഈ അഞ്ചെണ്ണത്തിൽ നിന്നും കാര്യദ്രവ്യം ഉണ്ടായാൽ അത് വ്യർത്ഥമാവും എന്തുകൊണ്ട് വ്യർത്ഥമാകുന്നോ ഭോഗ സാധനമല്ല എന്തുകൊണ്ട് ഭോഗസാധനമാകുന്നില്ല ഈ നാലിൽ നിന്നും ഉണ്ടാകുന്ന കാര്യദ്രവ്യം ശരീരമോ ഇന്ദ്രിയമോ വിഷയമോ ആകത്തില്ല അഞ്ചിൽ നിന്ന് നോക്ക് ആകാശത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യദ്രവ്യം ശരീരമാകും കാരണം നാലേ ഉള്ളൂ പിന്നെ ഇന്ദ്രിയമാകുമോ കാര്യദ്രവ്യം ഉണ്ടാകുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഇന്ദ്രിയമാകും വേണമെങ്കിൽ പറയാം ചിന്തിക്കുന്നവർക്കെന്താണ് ശ്രവണേന്ദ്രിയെന്ന് പറയാം ആകാശമാണ് പക്ഷെ അത് ആകാശത്ത് നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യമുണ്ട് ആകാശത്ത് നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യമല്ല ആകാശമാണ് ശ്രവണേന്ദ്രം അപ്പൊ ആകാശത്ത് നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യം ശരീരമാകുന്നില്ല പിന്നെ ഏതാണ് പിന്നെ ശരീരമല്ല ഇന്ദ്രിയല്ല ഇതിൻ്റെ വിഷയം ആകാശത്തിൽ നിന്നുണ്ടാകാമെന്നുള്ള ഒരു കാര്യദ്രവ്യം വിഷയമാകുമോ എന്തുകൊണ്ടത് അവയവിയല്ല വിഷയം എന്ന് വെച്ചാൽ അവയവിയാണോ അപ്പൊ അത് പോയി അപ്പൊ ആകാശത്തിൽ നിന്നൊരു കാര്യദ്രവ്യം ഉണ്ടായാൽ അത് ഭോഗസാധനമല്ല അപ്പൊ മൂന്ന് സ്റ്റെപ്പാണ് ആകാശത്തിൽ നിന്നൊരു കാര്യദ്രവ്യം ഉണ്ടായത് ശരീരമല്ല ശരീരമല്ലാത്തോണ്ടത് എന്നാണ് ഭോഗസാധനമല്ല ഭോഗ സാധനമല്ലാത്തോണ്ടത് കാര്യദ്രവ്യ വൈയർഥ്യം മനസ്സിലായോ ആകാശത്തിൽ നിന്ന് ഒരു കാരിദ്രവ്യം ഉണ്ടായാൽ അത് ശരീരം ശരീരമല്ല അതുകൊണ്ട് ഭൂസാധനമല്ല അതുകൊണ്ട് കാരിദ്രവ്യ വൈയർഥ്യം അവിടെ വരും അപ്പോ ആകാശം കഴിഞ്ഞ് ദ്രവ്യം ദിക്കനെ ദിക്കിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായാലത് ശരീരമാകുമോ ശരീരം നാലേ ഉള്ളൂ ശരീരം അല്ലെങ്കിൽ അതെന്താണ് ഭോഗസാധനം അല്ല ഭോഗസാധനം അല്ലെങ്കിൽ കാര്യദ്രവ്യ വൈയർത്ഥ്യം വന്നു പിന്നെ ദിക്കിൽ നിന്നുണ്ടാകുന്ന ഒന്ന് ഇന്ദ്രിയമാകുമെന്ന് നോക്കുക ദിക്കിൽ നിന്ന് ദിക്കിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യദ്രവ്യം ഉണ്ടോ ഇന്ദ്രിയമായിട്ട് അതൊന്നുമില്ല അങ്ങനൊന്നുമില്ല അപ്പോ അപ്പോ അങ്ങനൊരു ഇന്ദ്രിയമായൊരു കാര്യദ്രവ്യമില്ല അതുകൊണ്ട് അത് ഭോഗ സാധനമല്ല അതുകൊണ്ട് കാര്യദ്രവ്യം ഉയർത്തി പിന്നെ വരുന്നത് വിഷയമാണ് ദിക്കിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷയം കരിദ്രവ്യം ദുക്കിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യദ്രവ്യം അത് വിഷയമാകുമോ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവയവുണ്ടാകത്തില്ല പിന്നെ അത് ഭോഗസാധനമാകുമോ അല്ല അവ വിഷയമാണെങ്കിൽ ഭോഗ സാധനമല്ല പിന്നെ അത് കാര്യദ്രവ്യർത്ഥമായി അപ്പൊ ദിക്കിൽ നിന്നുണ്ടായാലും വരുന്നു കാര്യദ്രവ്യ വയർഥ അപ്പോ ആകാശം കാലമല്ല എടുത്ത് കാലം ആകാശ കാല ദിക്കാത്മമനാംശ കാലത്തെ എടുക്കുക അപ്പോ കാലത്ത് നിന്നൊരു കാരിദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരമാവുമോ ഇല്ല ശരീരം നാലേ ഉള്ളൂ കാലത്ത് നിന്നൊരു കാര്യദ്രവ്യം ഉണ്ടാകും ഇന്ദ്രിയമാവുമോ ഇല്ല അങ്ങനെ ഒരു ഇന്ദ്രിയില്ല കാലവും ഇന്ദ്രിയ ഇല്ല അതിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രിയമില്ല പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷയം അങ്ങനെ ഒന്നുണ്ടാകുമോ അവയവയില്ല അപ്പോ അത് പുകസാധനമാകുമോ ഇല്ല അപ്പൊ കാര്യദ്രവ്യം ഉയർത്തി ആകാശം കാലം ദിക്ക് ഇനി ആത്മാ ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യദ്രവ്യ ശരീരമാവുമോ അങ്ങനെ ഒരു ശരീരമില്ല അതുകൊണ്ടത് ഭോഗ സാധനം ഇല്ലാതുകൊണ്ട് കാരിദ്രവ്യ ഉയർത്തി ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഒരു ഇന്ദ്രിയം ഉണ്ടോ അങ്ങനെയൊന്നു ഇല്ല ഇല്ലാത്തതുകൊണ്ട് അവിടെ ഭോഗസാധനത്തോണ്ടോ അവിടെ കാരിദ്രവ്യ ഉയർത്തി ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷയം അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടോ കാരണം വിഷയം അവയവീയായിരിക്കണം ആത്മാവിൽ നിന്ന് അവയവമായ ഒരു ദ്രവ്യം ഉണ്ടാകത്തില്ല ആത്മാവിൽ നിന്നുണ്ടാകും സുഖ ദുഃഖങ്ങളൊക്കെ അതുകൊണ്ട് കാര്യമില്ല ആത്മാവിൽ നിന്നുണ്ടാകുന്ന എന്തായിരിക്കണം വിഷയമായിരിക്കണം വിഷയമാണെങ്കിൽ എന്ത് വേണം അവയവ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പോൾ അത് അവയവിയല്ല അതുകൊണ്ട് വിഷയമല്ല അതുകൊണ്ട് ഭോഗസാധനമല്ല അതുകൊണ്ട് കാര്യദ്രവ്യം വരുത്തണം പിന്നെ ഏതാണ് മനസ്സ് നേരത്തെ പറഞ്ഞു മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യദ്രവ്യം ശരീരത്തിൽ ഉൾപ്പെടുന്നില്ല ഇന്ദ്രിയത്തിൽ ഉൾപ്പെടുന്നില്ല അവയവിയും അല്ല പിന്നെ അവയവി എന്നുള്ള മാത്രമല്ല ഇതിൻ്റെ എല്ലാം കാര്യദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് വിഷയമാവണമെങ്കിൽ അതിൽ സ്പർശം അല്ലെങ്കിൽ രൂപം വേണം അവയവ എന്നുള്ള അപ്പോൾ ആകാശം കാലം ദിക്ക് ആത്മാ മനസ്സിൽ കാര്യദ്രവ്യം ഉണ്ടായാൽ അതിൽ സ്പർശവും കാണത്തില്ല അപ്പൊ ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന കാര്യദ്രവ്യങ്ങളെല്ലാം എന്താണ് വയർഥ്യമായി അപ്പൊ ഇതുകൊണ്ട് വ്യാപ്തി എത്ര എത്ര ദ്രവ്യ അനാരംഭകത്വം എവിടെ വരും അഞ്ച് ദ്രവ്യങ്ങളിലും തത്ര കാര്യദ്രവ്യ വയർഥ്യം അപ്പൊ മനസ്സിലായോ സാധ്യം എന്താണ് കാര്യദ്രവ്യ ഉപാധി എന്താണ് വയ്യർത്യ കാരിദ്രവ്യ വയർത്ര്രവ്യ അനാരംഭകത്വം തത്രയത്രവ്യവൈയർ ഉപാധി ഒന്ന് ഇവിടെ ഈ അഞ്ചേന്ദ്രിയ അഞ്ച് ദ്രവ്യങ്ങളാണ് ഇനി സാധന അവ്യാപകത്വം അതാണ് ഉപാധി എന്ന് പറയുന്നത് സദ്യവ്യാപകത്വ സതി എന്നുവെച്ചാൽ ഉപാധിയിൽ സാധനത്തിന്റെ വ്യാപകത്വം വരാൻ പാടില്ല അതാണ് സാധനവ്യാപകത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപാധി സാധനത്തിന്റെ വ്യാപകമാകാൻ പാടില്ല ഇവിടുത്തെ സാധനം എന്താണ് അസ്പർശവത്വം എത്ര എത്ര അസ്പർശവത്വം തത്രയത്ര കാരിദ്രവ്യ പറയാൻ പറ്റുമോ നോക്കുക ആകാശം കാലം ദിക്ക് ആത്മാ മനസ് അഞ്ചെണ്ണം ഉണ്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും സ്പർശമുണ്ടോ അപ്പൊ തത്ര തെത്ര അസ്പർശവത്വം അവിടെയൊക്കെ ദാരിദ്ര ഉയർത്തുമില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പൊ സാധനം വ്യാപകത്വം വരും അവ്യാപകത്വം വരൂ അതായത് ആകാശം കാലം ദിക്ക് ആത്മാ മനസ് ഇത്രയും സ്ഥലങ്ങളിൽ ഒന്ന് വരുന്നു അസ്പർശത്വമുണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ വന്നു വരുന്നു കാരിദ്രവ്യ ഉയർത്വമുണ്ട് പക്ഷെ നമുക്കിവിടെ എന്ത് വേണം സാധന അവ്യാപകത്വം ഉണ്ട് ഇവിടെ വ്യാപകത്വം വന്ന് അവ്യാപത്വം പറഞ്ഞെങ്കിൽ ഇവിടെ പോണം തമസിന് പോണം വേറെ സമയങ്ങളുണ്ട് തമസി പോകണം അവിടെ നോക്കുക തമസ്സിന് സ്പർശമുണ്ടോ ഇല്ല എത്ര എത്ര സ്പർശ അവിടെ ദാരിദ്ര വയ്യർത്ഥ്യം ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടില്ല ദാരിദ്ര വയർത്വം ണത് തമസ് ഭസാധനമാണോ അതാണ് അടുത്ത് പറയുന്നത് ആത്മാധീനാ മബി ഇവിടെ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഈ ഹിന്ദി കറക്റ്റ് ചെയ്യണതുകൊണ്ടാണ് എന്തായാലും കറക്റ്റ് ചെയ്ത് പോവാതീന മബി ആത്മാധികളിലും പുനരസ്പർശ അപ്പൊ ആത്മാതി പറയുന്ന എടുക്കും ആത്മാ ആത്മ ആത്മാദികൾ ആകാശകാല ദിക് ആത്മ മനാസി എല്ലാത്തിനും എടുക്കും ആത്മാതി എന്ന് പറഞ്ഞാൽ ആത്മാവ് മനസ്സും മാത്രമല്ല മനസ്സിലായോ ആകാശകാല ദിക്ക് ആത്മ മനസ്സ് കാരണം അത് വ്യാഖ്യാനത്തിൽ പറഞ്ഞു കാലത്തിനെയും ഒഴിവാക്കണമെന്ന് ആത്മാദി നാമ വി പുനഅസ്പർശവതാം ഇതിന്റെ ഒന്നിനും തന്നെ സ്പർശം ഇല്ല ശരീര ഇന്ദ്രിയ വിഷയ ആരംഭ അസംഭവ നമ്മളീ പറഞ്ഞ കാര്യം ഇതിൽ നിന്നും ശരീരം ഇന്ദ്രിയം വിഷയതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് സമാനമേവ ദ്രവ്യാന്തര ആരംഭവൈയർ ഇവിടെയൊക്കെ എന്തുവരുന്നു ശരീരേന്ദ്രിയ വിഷയങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് ദ്രവ്യാന്തര ആരംഭവർഥ്യം അപ്പോ ഈ പറയുന്നതിന്റെ ചുരുക്കം ഏത് ദ്രവ്യങ്ങളിൽ നിന്നാണോ ശരീരം ഇന്ദ്രിയം വിഷയം ഉണ്ടാകാത്തത് അവിടെയെല്ലാം വൈയർത്ഥ്യം വരും ഇതാണ് ഈ പറയുന്നത് അങ്ങനെ ശരീര ഇന്ദ്രിയ വിഷയങ്ങളുണ്ടാകാത്ത അഞ്ച് ദ്രവ്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് അവിടെ എല്ലാം എന്തുവരും വയർത്യം വരും എന്ന് പറഞ്ഞാൽ സാധ്യവ്യാപകത്വം വന്നു അല്ലേ സാധ്യവ്യാപകത്വം വന്നാ ഈ അഞ്ച് ദ്രവ്യങ്ങളിൽ നിന്നും എന്ത്യുന്നു ദ്രവ്യാന്തരം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് കാരിദ്ര ഉപയർത്ഥമെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായേ ആണ് പറയുന്നത് ആത്മാനാമതി പുനരസ്പർശവതാം ശരീരേന്ദ്രീക്ഷ ആരംഭ അസംഭവം എന്ന് വെച്ചാൽ കാരിദ്രവ്യം ഉണ്ടാകാത്തത് കൊണ്ട് സമാനമേവ സമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ സമാനം പറഞ്ഞ സമാനം എന്ന് പറഞ്ഞ അങ്ങനെ മനസ്സിലെങ്ങനെയാണോ വന്നത് അതുപോലെ ഇതുവരെ മനസ്സിന് മാത്രം എടുത്താണ് ചർച്ച ചെയ്തത് മനസ്സിലെങ്ങനെയാണോ ഇത് വന്നത് എന്ത് ദ്രവ്യാന്തര ആരംഭവൈയർ വന്നത് അതുപോലെ ആത്മാദികളെല്ലാം വരൂ എന്ന് പറഞ്ഞാൽ ആത്മാദികൊണ്ട് എങ്ങനെയെടുക്കണം മനസ്സൊഴികളുള്ള ബാക്കിയുള്ളതിനെ മനസ്സിലായോ അതായത് സമാനമേവ ദ്രവ്യാന്തര ആരംഭിയോ സമാനം മുമ്പ് ഏതോ എന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് തുല്യമായി ആത്മാദികളിൽ വരൂ എന്ന് പറയുമ്പോ മുൻപ് പറഞ്ഞതായിട്ട് എങ്ങനെ മുമ്പ് മനസ്സിനെ അതിന് തുല്യമായി ആത്മാദികളിലും വരും എന്നാണ് ആ പറയുന്നത് എന്നാണ് അവിടെയും ഹിന്ദി എഴുതിയിരിക്കുന്നത് ശരിയായിട്ടുണ്ടാവും ഹിന്ദിയിൽ എന്താ എഴുതിയിരിക്കുന്നത് ശരിയായാ ഹിന്ദി സംസ്കൃത ഹിന്ദിയും വായിച്ചിട്ടെന്താ വ്യത്യാസമെന്നുള്ളത് പറയണം അതാണ് വ്യത്യാസം മുകളിലെഴുതിയിരിക്കുന്നത് ആത്മാനാമബി ആ മുകളിൽ എഴുതിയിരിക്കുന്ന കറക്റ്റായി മനസ്സിലാക്കിയാലേ ഹിന്ദിയിൽ വന്നാലേ ഹിന്ദി വായിക്കുന്ന ഒരാൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ ആത്മാനാമബി പുനരസ്പർശ്യപഥ ശരീര ഹിന്ദി വിഷയാലംഭസംഭാവ് സമാനമേവ ദ്രവ്യാന്തര ആരംഭ വൈയർ ഇതിന്റെ കറക്റ്റ് അർത്ഥം താഴെ വരുന്നുണ്ടോ വരുന്നുണ്ടോ സംസ്കൃതം വളരെ സ്പഷ്ടമാണ് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ഹിന്ദിയില് അങ്ങനെ ദ്രവ്യം ഉണ്ടായാൽ അത് ഘട്ടമെന്ന് സംസ്കൃതത്തില് പറയുന്നത് കാര്യം അത് പിന്നെയും സാധുകരിക്കാം എന്തായാലും ഹിന്ദി വായിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ട് അതുകൊണ്ട് ഹിന്ദിയിൽ എന്തെഴുതിയിരുന്നാലും ഇവിടെ പ്രശ്നമേ ഉണ്ട് അതായത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കും നോക്കുക ആത്മാധീനാമവിനരസ്പൃശ്യവതാം ശരീര ഇന്ദ്രിയ വിഷയ ആരംഭ അസംഭവ സമാനമേവ ദ്രവ്യാന്തരാരംഭവം ഈ സമാനമേവ ദ്രവ്യാന്തര ആരംഭവയർ എന്ന് പറയുന്നത് ഹിന്ദിയിൽ വന്നോ അത് വരുന്നതിനൊരു പ്രത്യേക ഇതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമാനമേവ ദ്രവ്യാന്തരാരംഭമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് തുല്യമായി ആത്മാദികൾക്കും ശരീരേന്ത് വിഷയ ആരംഭ അസംഭവമാണ് അപ്പം സമാനമേവ ആദ്യം പറയുന്ന എന്താണ് ശരീരവിഷയ ശരീര ഇന്ദ്രിയ വിഷയം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ശരീരം ഇന്ദ്രിയ വിഷയം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആരംഭവയർത്തി രണ്ടു കാര്യങ്ങളും പറയുന്നു അതിന് പറഞ്ഞു സമാനമേവാ സമാനമേവാന്ന് പറഞ്ഞാ അങ്ങനെ മനസ്സിൽ എങ്ങനെയാണോ ഇതുവരെ വിശദീകരിച്ച അതുപോലെ എങ്ങനെ അപ്പോ അവിടെ സമാനമേവാന്ന് പറയുന്നത് കൊണ്ട് ഉം സമാനമേവാ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിൽ എങ്ങനെയാണോ സംഭവിച്ച അതുപോലെ എടുക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പ്രയോജനം വരുന്നത് ശരീരാദി ആത്മാതിയിലിയെന്ന് പറഞ്ഞത് കൊണ്ട് ആത്മാതിയിൽ മനസ്സൊഴുകെയുള്ള ബാക്കിയെന്ന് വരും അർത്ഥം കിട്ടും അത് വ്യക്തമാകും ആത്മാതി എന്ന് പറയുന്നത് കൊണ്ട് മനസ്സൊഴുകെയുള്ള ബാക്കി നാല് ദ്രവ്യങ്ങളെടുക്കാം മനസ്സിലായോ അത് സമാനം എന്ന് പറയുമ്പം മനസ്സിനെ അങ്ങനെ അല്ലെങ്കിൽ എന്തുവരും എന്തു പറ്റൂ എന്ന് വെച്ചാൽ ആത്മാതി എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവും മനസ്സും നടത്തപ്പെടുക്കും ആത്മാവും മനസ്സ് രണ്ടെണ്ണം ആത്മാദീനാമവി പുനർ അസ്പർശകത ശരീരേന്ദ്രിയ വിഷയാരംഭ അസംഭവാ എന്തുവരുന്നു സമാനമേവ ദ്രവ്യാന്തരാരംഭ വയർ ഇങ്ങനെ അർത്ഥം പറയാം എങ്ങനെ ആത്മാദികളിൽ എങ്ങനെയാണോ ശരീരേന്ദ്രിയ വിഷയ ആരംഭം സംഭവിക്കാത്ത അതുപോലെ തന്നെ എന്തുവരുന്നു ദ്രവ്യാന്താരംഭം വേർക്കും വരും സമാനം എന്ന് പറയുന്നത് ഇതിനും യോജിപ്പിക്കാണ്ടോ ഇതിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലായോ വരും എന്ന് അർത്ഥം വരും ഇപ്പൊ ഹിന്ദിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ഹിന്ദി വായിച്ചാ എങ്ങനെ തോന്നും സ്പർശരവും സേബി ആദ്യ ഏതെന്ന് പറഞ്ഞില്ല തദാരംഭ്രവ്യ പഠിക്കുമെങ്കിൽ മുൻസെ ശരീരേന്ദ്രിയ വിഷയിക്ക ആരംഭേ അസംഭവ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധവേ കൂടെ വരുന്നുള്ളൂ ഉം ഈ സമാനമയോന്നുള്ളതിന്റെ അർത്ഥം വരുന്നില്ല അതാണ് ഈ രണ്ടെണ്ണേ വരുന്നുള്ളൂ അതായത് അതിൽ ഇത്രേ വരുന്നുള്ളൂ ആത്മാതിയിൽ നിന്ന് ദ്രവ്യാന്തരാരംഭം ഇല്ല അതുകൊണ്ട് കാര്യദ്രുവ്യോ ഉയർച്ചു ഇത്രയും അതിന് മാത്രമേ ഇവിടെ അർത്ഥം വന്നുള്ളൂ അല്ലേ ഹിന്ദി ശരിയല്ലേ വന്നിട്ടില്ല അത് വന്നിട്ടില്ല സമാനമായി അതുകൊണ്ട് പിന്നെ ഉള്ള വ്യാഖ്യാനങ്ങളിലെല്ലാം കുഴപ്പം വന്നിട്ടുണ്ട് ഇവിടെ മാത്രല്ല പിന്നെ ഹിന്ദിയിൽ എന്തെങ്കിലും പരായ്മയുണ്ടെങ്കിൽ അത് പറയാൻ ഞാനാണ് ആളല്ല പക്ഷെ ഈ ആശയം വന്നില്ലെന്ന് വായിക്കുമ്പോൾ തോന്നുന്നു മൂലത്തിലാശയം അതുകൊണ്ട് തുറന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം കുഴപ്പമായി ഏ വിശണ്ട് ഈ ഭാഗം മൊത്തമുണ്ട് വിശ ഇനി ഇവിടെ നോക്കുക മൂലത്തിൽ നോക്കുക ഇഹകുനത്തമസ് ആരംഭവർ സാധന അഭ്യാപകത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് ഇഹപുനത്തമസോ ഏ എന്നുവെച്ചാൽ എത്ര എത്ര അസ്പർശവത്വം തത്രയത്ര ദാരിദ്ര്യോയർ അതില്ല എന്നുകൊണ്ട് തമസിലേക്ക് വരാം തമസോ മഹതഹ തമസ് എന്താണ് നമ്മൾ കാണുന്ന മഹത്താണ് ഒരു രൂപവത രൂപമുണ്ട് ഭോഗസാധനത്വം സംഭവതി ഇതി അങ്ങനെ അനുഭവിക്കുന്നു ഭോഗസാധനത്തോടെ സംഭവിക്കാന്നുള്ളതുകൊണ്ട് ആരംഭവർ ഇല്ല അപ്പൊ അനുമാനം ഇതാണ് തമപരമാണവ എന്താണ് ദ്രവ്യ അനാരംഭക അസ്പർശകത്വ യഥാമനഹ ഇവിടെ എത്രയെത്ര അസ്പർശകത്വം ദ്രവ്യ അനാരംഭകത്വം അങ്ങനെ ഒരു വ്യാപ്തി പറയാൻ പറ്റത്തില്ല കാരണം ഉപാധി വരുന്നു ഉപാധി എന്ന് പറയുന്നത് എന്നാൽ എത്ര എത്ര ദ്രവ്യ അനാരംഭകത്വം തത്രയത്ര കരിദ്ര വയർഥ്യുണ്ട് എന്നാൽ എത്രയെത്ര അസ്പശം അത്ര കരിദ്രവ്യർഥയില്ല അതുകൊണ്ട് വ്യാപ്തി ശരിയാവത്തില്ല ഏതുപോലെ എത്രയെത്ര വന്യഹി തത്രയത്ര ധൂമഹന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എത്രയെത്ര ധൂമഹത്ര അധുനസമയോഗം കൊണ്ട് സാധ്യവ്യാപക എത്രയെത്ര വന്യഹി അത്രയെത്ര അധുനസമയോഗം പറയാൻ പറ്റില്ല അയോഗോളകത്തിൽ അതുകൊണ്ട് വ്യാപ്തി ശരിയല്ല എത്രയെത്ര വന്യഹി തത്രയത്ര ധൂമഹ എന്ന് പറയുന്ന വ്യാപ്തി ശരിയല്ല അതുപോലെ വ്യാപ്തി ശരിയല്ല അതുകൊണ്ട് ഇന്നുകൂടെ പറഞ്ഞെന്താണ് തമഹ തമപരമാണ അസ്പശ്മാനം ശരിയായി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ദ്രവ്യപരമാണുക്കളിൽ നിന്ന് എന്താണ് തമപരമാണുക്കളിൽ നിന്ന് മഹത്തമുണ്ടാവാം തമപ്പരമാണുക്കളിൽ നിന്ന് മഹത്തായ തമസുണ്ടാകാൻ പാടില്ലെന്നാണ് താർക്കിയും പറഞ്ഞത് അദ്ദേഹത്തി പറയുന്നു തമപരമാണുവിൽ നിന്ന് കാരണം തമപരമാണുവിൽ നിന്ന് മഹത്തായ തമ ഉണ്ടാവില്ല എന്ന് അവരെങ്ങനെ പറഞ്ഞു അനുമാനത്തിലൂടെ ആ അനുമാനത്തിലെ വ്യാപ്തി ശരിയല്ല എത്ര എത്ര അസ്പർശകത്വം അത്ര എത്ര ദ്രവ്യ അനാരംഭകത്വം എന്ന് പറയുന്നത് വ്യാപ്തി ശരിയല്ല യഥാമന നിങ്ങളുടെ അനുമാനമേ ശരിയല്ല അതുകൊണ്ട് തമപരമാണുവിൽ നിന്ന് മഹദ്രവ്യം ഉണ്ടാകാം അത് സിദ്ധാന്തിച്ച് അതിനുവേണ്ടിട്ട് ആ അനുമാനം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപാധി കൊണ്ടുപോകുന്നത് സാധ്യവ്യാപകത്വസരി സാധനവ്യാപകത്വം അവിടെ ലഗ്ജായക ശരിയെന്നെ ഇതാണ് ഇവിടെ പറയുന്നത് അപ്പോ അതിന്റെ താഴോട്ട് എഴുതിയിരിക്കുന്ന ഇന്ത്യ വായിക്കുക ഇവിടെ മൊത്തം പോയി എന്താണ് യും സ്പർശരഹിത പരമാണു ആരബ്ദ രൂപപാലേ മഹാനന്ധകാരമേ ഭരംഭിക്ക് വർദ്ധതാ നഹിയേ അത് ശരിയെന്ന ഇനി അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു എഹാം തക്ക കാശേക്ക് ജോ സ്പർശരഹിത ദ്രവ്യാന്തരക്ക ആരംഭവ നഹി ഹോസക്ത നേരത്തെ പറഞ്ഞു ഈസ് വ്യാപ്തി മേ താര്യ വർദ്ധകത്വ ഉപാധി ലഗായി ഗെയ് ആയിക്കോട്ടെ ഏ പക്ഷെ അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് മനസിലായോ ഇവിടെ ഇത് തദാരബ്ദ ദ്രവ്യം ബർധകത്വം പറയേണ്ട ആവശ്യമുണ്ട് മനസ്സിലായോ ഇവിടെ ഇത്രയും പറഞ്ഞാ മതി എന്താണ് ആരബ്ദദ്രവ്യ വർദ്ധകത്വം അല്ലെങ്കിൽ കാര്യദ്രവ്യ ഭർത്തകത്വം ഇത്രയും പറഞ്ഞാ മതി ഏ അത് ഇനി പറയാനില്ല കുഴപ്പം എന്താണ് ഉപാധിമയും സാധ്യവ്യാപകത ഘടായി മന് ആ ഒരു ആത്മാമി ഇവിടെയാണ് പുള്ളിക്ക് തെറ്റുപറ്റിയത് സാധ്യവ്യാപകത്വം മനസ്സിലും ആത്മാവിലും വന്നു എന്നാണ് അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ ഈ ആത്മാധീന എന്ന് പറയുന്നുണ്ട് പുള്ളി ഏതിനെയൊക്കെ എടുത്തു ആത്മാവിനെയും മനസ്സിനെയും മാത്രമേ എടുത്തുള്ളൂ ബാക്കിയുള്ള അടുത്തൊന്നും വന്ന കാര്യം പുള്ളി അറിഞ്ഞില്ല മനസ്സിലായോ ശരിക്കും ഇതെവിടെ വരും അഞ്ചിലും വരും അഞ്ചെണ്ണത്തിലും വരും കാരണം ആത്മാവിന് വരാമെങ്കിൽ ബാക്കിയുള്ളതിന് വരാൻ എന്താ കുഴപ്പം ഇതിൽ ഒന്നു മാത്രമേ ഉള്ളൂ പരമാണ് ഏത് മന മനസ്സ് ബാക്കിയുള്ള ആത്മാ ആകാശം കാലം ദക്ക് എല്ലാം വിഭുവാണ് നിത്യമാണ് അവയവിയല്ല അപ്പൊ ആത്മാവിന് വരാമെങ്കിൽ ബാക്കി എല്ലാത്തിനും വന്നൂടി അപ്പൊ പുള്ളിയെന്ത് ചെയ്തു പരമാണുവായ മനസ്സിനെയും വിഭുവായ ആത്മാവിനെയും മാത്രം എടുത്തു എന്തുകൊണ്ട് ഇവിടെ ആത്മാതി എന്ന് പറയുന്നിടത്ത് പുള്ളി രണ്ടെണ്ണത്തിനെയെടുത്തുള്ളു കാരണം അവിടെ അർത്ഥം തിരിഞ്ഞു പോയതുകൊണ്ടാണ് അപ്പോ അത് തെറ്റാണത് മനോരാത്മാമേ മനോരാത്മാമെയും ദ്രവ്യ അനാരംഭകത്വ സാധ്യത ഉപാധി ബി ശരിയാണ് അവിടെ എന്താണ് സാധ്യമുണ്ട് ഉപാധിയുണ്ട് അല്ലേ ഉപാധി മെയ് സാധനക്ക് അഭ്യാപകതാ ബി സാധന എങ്ങനെ അന്ധകാരിക പരമാണു ഇവിടെയും പേശകായി സ്പർശരഹിതേതുവ്യവർത്തകത്വ ഉപാധി അങ്ങനെ പുള്ളി പറയുന്നത് എന്താണ് തമ പരമാണുവിലാണ് സാധന അഭ്യാപകത്വം വരുന്നതെന്നാണ് ആണോ പുള്ളി പറയുന്നത് അസ്പർശതും പരമാണുവിൽ അല്ല ഇത് ഘടിപ്പിക്കേണ്ട അവിടെ അത് പുള്ളി ഇവിടെ എന്താ അങ്ങനെ എടുക്കാൻ കാരണം മിസ്റ്റേക്ക് വന്നെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ തദാരബ്ധ്രവ്യവർദ്ധകത്വം എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിനെ എടുത്തപ്പം മനഃപരമാണുവിനെടുത്തു തശബ്ദം കൊണ്ട് എന്തിനടുത്തു മനപരമാണു അപ്പൊ തദാരബ്ദ ദ്രവ്യവർദ്ധകത്വം വിഷയം അവിടെ ഇല്ല അപ്പൊ അവിടെത് ശരിയാവും തദ്ശ്ദം കൊണ്ട് എന്തിനെടുത്തു മനഃപരമാണു അപ്പോ തത് ആരബ്ധ്രവ്യവർദ്ധകത്വം അങ്ങനെ എടുത്തു പക്ഷേ എന്താണ് മൂലത്തിൽ പറയുമ്പം എന്താ പറയുന്നത് ആദ്യ ഉപാധിയെ കുറിച്ച് പറയുമ്പോൾ വൈയർഥ ഉപാധിയെ സദ്ധാവ പൂർവ്വ പേജിൽ പറഞ്ഞു അവിടെ വയർഥ്യൊന്ന് മാത്രേ പറഞ്ഞു എന്താ ഏ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല ഉപാധി എന്ന് പറയുന്നത് എന്താണ് വയ്യർത്ഥം തദാരബ്ധ്രവ്യ വയ്യം എന്നൊന്നും പറഞ്ഞില്ല എന്നാൽ എന്തു പറഞ്ഞു മനസ്സിന്റെ കാര്യം പറയുമ്പോൾ ടീക്കാകാരൻ എന്ത് പറഞ്ഞു താഴെ മനസ്സി ദ്രവ്യ അനാരംഭകത്തെ തദാരബ്ധക വയ്യർത്ഥ ഉപാധി കണ്ടോ താഴെ അഞ്ചാമത്തെ ലൈനിൽ അത് മനസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് മനസ്സിലങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് മനാരംഭ കാരണം മനസ് പരമാണോ അല്ലേ കാര്യദ്രവ്യ മനസ്സിനെ എടുക്കുമ്പോൾ അവിടെ ഉപാധി വരും കാരണം മനസ്സിന് ദ്രവ്യ ആരംഭകത്വവും ഇല്ല മനസ്സിൽ തത് അതുകൊണ്ട് ദ്രവ്യ വൈയർത്ഥ്യവുമുണ്ട് മനസ്സിനെ സംബന്ധിച്ചത് ശരിയാ അത് മനസ്സിന് മാത്രമേ പറയുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മൂലത്തിൽ വരുമ്പം എന്താണ് മനസ്സിന്റെ കാര്യം പറയുമ്പോൾ മൂലത്തിൽ തന്നെ രണ്ടാമത്തെ വരെയല്ല മനസ്സേവ ഇന്ദ്രിയ തദാരബ്ധ ഇന്ദ്രിയാന്തര സ്വീകാര വയ്യർക്ക അവിടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും തദാരബ്ധ ഇന്ദ്രിയാന്തരം മനസ്സ് ഒരു പരമാണൊന്നല്ലേ ഉള്ളൂ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും പിന്നെ പിന്നീട് മുമ്പോട്ട് വരുമ്പോഴോ അല്ല അടുത്ത തൊട്ട് കാര്യദ്രവ്യസാധനത്വം പരംഗീകരിയാണ് അവിടെ കാര്യദ്രവ്യം എന്നേ പറയുന്നു കാര്യദ്രവ്യം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ചേർത്ത് പറയും തത് ആരബ്ധെന്നൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് പറയുമ്പോഴെന്താണ് ദ്രവ്യാന്തര ആരംഭവൈയർ ില്ല ദ്രവ്യാന്തരം അതെന്തുകൊണ്ട് ദ്രവ്യാന്തരാരംഭ വയ്യർത്യം പറഞ്ഞാൽ അവിടെ മനസ്സ് മാത്രമാണ് എല്ലാത്തിനും കൂടി എടുത്ത് പറയണം എല്ലാത്തിനും കൂടി എടുത്ത് പറയുമ്പം ദ്രവ്യാന്തരാരംഭ വയർത്തി പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു അവിടെ മനസ്സിൽ തദാരബ്ധ കാര്യ വ്യർത്ഥകത്വം എന്ന് പറഞ്ഞെടുത്ത് തശബ്ദം കൊണ്ട് പരമാണുവിനെ എടുത്തത് തമസിന്റെ കാര്യം വന്നപ്പോഴും എന്ത് ചെയ്തു അങ്ങനെ തന്നെ പറഞ്ഞിട്ട് തശബ്ദം കൊണ്ട് പരമാണുവിനെ എടുത്തു പരമാണുവിനെ എടുത്തു കഴിഞ്ഞാൽ എത്ര എത്ര അസ്പർശത്വം പരമാണുവിന് അവിടെ എന്തുവരും അനാരംഭത്വമല്ല കാര്യവൈയർഥ്യം വരും അപ്പൊ സാധന വ്യാപകത്വം വരൂ അവ്യാപകത്വം വരൂ കാര്യത്തിൽ വൈയർത്ഥ്യം വരാൻ പാടില്ല തമപരമാണുവിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അസ്പർശ്യത്വമുണ്ട് അല്ലേ തമ പരമാണുവിന് അത് കാര്യമേ അല്ലല്ലോ അത് അവയവേ അല്ല അപ്പൊ കാര്യദ്രവ്യ വയ്യർത്ഥ്യം വരും നേരത്തെ ആത്മാതികളിൽ വന്നതുപോലെ അല്ലാതെ യോജിപ്പിക്കാൻ പറ്റത്തില്ല ഇനി തത് ശബ്ദം കൊണ്ട് പരമാണുവിൻ്റെ അടുത്ത് തത് ആരബ്ദ കാര്യദ്രവ്യമായിട്ട് മഹത്തായ തമുവിനെ തമസിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പരമാണുവും തമസവും തമ്മിലങ്ങനെ യോജിപ്പിക്കും കാര്യദ്രവ്യവുമായിട്ട് അപ്പൊ ആരബ്ദകാരിദ്രവ്യം എത്രയെത്ര അസ്പർശവത്വം മഹത്തായ തമസ് തത്ര ആരബ്ധകാരിവ്യ വൈയർഥ്യം എന്ന് പറയുമ്പോൾ അത് വരില്ല അപ്പൊ സാധന വരും എത്രയെത്ര അസ്പർശവത്വം എന്ന് പറയുന്നതിന് പരമാണുവിനെ എടുക്കുകയും ആരബ്ദകാര്യ വൈയർത്ഥ്യത്തിന് മഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ രണ്ടും രണ്ടിടത്തായി ഇവിടെ അങ്ങനെയാണ് ചെയ്തത് എന്താണ് ഹിന്ദിയിൽ എന്താ പറഞ്ഞത് അന്ധകാർക്ക് പരമാണുവേ സ്പർശരഹിതത്വ ഹേതു എന്നാണ് അത് പരമാണുവിനെതിരെയാണ് എടുക്കുന്നത് സ്പർശരഹിതത്വം എവിടെയുള്ളത് തമസില് മഹത്തമസ് അവിടെ എന്തുണ്ട് ആരബ്ധകാര്യദ്രവ്യ വർത്തകത്വഭാവം അപ്പോൾ അവിടെയും മിസ്റ്റേക്കാണ് പരമാണുവോ മെയ് എന്ന് പറയുന്ന മിസ്റ്റേക്ക് അനുപരം എന്തു പറയും അന്ധകാരമെയ് എന്ന് പറഞ്ഞാൽ അതാണ് ഇഹ തമസോ മഹതോ രൂപവധ സംഭൂതി ഭോഗസ്ഥാനത്തിന് നാരംഭദ്രവ്യ വൈയർദ്ധ്യം അപ്പൊ ഇത്രയും കൊണ്ട് എന്ത് സംഭവിച്ചു എന്ത് സാധിച്ചു തമസിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതിന് താർക്കികം പറഞ്ഞ അനുമാന ദോഷമാണെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ തമസിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകാം അതില് അവര് അതിന് ഒരു കാരണം പറഞ്ഞെന്താണ് അസ്പർശവത്വമാണ് അല്ലേ അസ്പർശവത്വം ഉള്ളത് കൊണ്ട് പറയുന്നു പറയുന്നു തമസ് അസ്പർശന്നല്ലേ പറഞ്ഞത് അതിന് ഉദാഹരണം പറഞ്ഞത് തമസ് പോലെ മനസ്സു പോലെ അപ്പൊ അതിന് ഇത് ഖണ്ണിച്ചു കഴിഞ്ഞു പറയുന്നു ഇനി നിങ്ങൾ പറയുന്നത് സാധനം വ്യാപകത്വം ഉണ്ടെന്ന് മാത്രമല്ല തമസ്സിൽ രൂപവുമുണ്ട് സ്പർശവും ഉണ്ട് രണ്ടുമുള്ളതുകൊണ്ട് അതിൽ ഭോഗസാധനത്വം ഉറപ്പായിട്ടുണ്ട് അതിന് ആണ് അവിടെ ടികയിൽ പറഞ്ഞത് ഉപലക്ഷണത്തിന്റെ ഏതത് എന്ത് സാധ്യവ്യാപകത്വം മാത്രമല്ല അല്ല സാധന അവിടെ ഭോഗസാധനത്വം മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ അതിനാണ് നേരത്തെ പറഞ്ഞത് രൂപസ്പർശ ശൂന്യാരൂപമോ സ്പർശമോ ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നിന് വിഷയത്വേന ഭോഗസാധനത്വം വരില്ല എന്ന് പറഞ്ഞു അല്ലേ അതായത് രൂപമില്ലാത്ത ഒന്നിൽ നിന്നുണ്ടാകുന്നു വിഷയത്വേന ഭോഗസാധനത്വം വരത്തില്ല സ്പർശമില്ലാത്ത ഒന്നിൽ നിന്നുണ്ടാകുന്നു വിഷയത്വേനെ ഭോഗസ്ഥാനത്തും വരത്തില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചിന്തിക്കുക എന്തിനാ രൂപമെന്ന് പറഞ്ഞത് സ്പർശമില്ലാത്ത ഒന്നിൽ നിന്നുണ്ടാകുന്നത് വിഷയത്തിനെ ഭോഗസ്ഥാനത്തും വരത്തില്ല എന്ന് പറഞ്ഞാൽ പോരേ കാരണം മനസ്സ് ആകാശവാദികളുടെ ഒന്നും സ്പർശമില്ല അതിൽ നിന്നുണ്ടാകുന്ന ഒന്ന് വിഷയത്തുവിനെ ഭഗസാനമാകത്തില്ല എന്ന് പറഞ്ഞാൽ പോരേ രൂപം പറഞ്ഞുകൊണ്ട് പ്രയോജനം പറയുന്നു തമസ് എന്ന് പറയുന്ന പരമാണുവിൽ രൂപം കൊണ്ട് അതുകൊണ്ട് രൂപവും സ്പർശവുമുള്ള തമസ് എങ്ങനെയാണ് പൃഥിവി അപ്പ് തേജസ് പോലെ ഈ മൂന്നും പോലെ ഭോഗസാധനമാണ് എന്നർത്ഥം അതെങ്ങനെ അതിനാണ് പറയുന്നത് അവിടെ ടീകയിൽ ഉപലക്ഷണ സ്പർശവത്വശ്യാപി ഭോഗസത്വം മാത്രമല്ല സ്പർശകത്വവും എന്തു ചെയ്യാം ഉപരീഷ്ണമായിട്ട് എടുത്തിട്ട് എങ്ങനെ പറയുന്നു സുഖസ്പർശ ചൂതഛായ ഉഷ്ണസ്പർശ വടച്ചായി പ്രതീലേഹി നമ്മൾ നേരത്തെ പറഞ്ഞാണ് അനുഭവം വെച്ചല്ലേ സ്വീകരിക്കുന്നു അത്രി ചു പറയുന്നു അവരുടെയൊക്കെ നാട്ടിലെ രാത്രിയിൽ ചൂടില്ലെന്നാണ് പകലേ ചൂടുള്ളൂന്നാണ് ഇരുട്ടായ പിന്നെ ചൂടില്ലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഞാനാണെങ്കി രാത്രി എ സി ഇട്ടിട്ടാണ് കിടക്കുന്നത് ചൂട് തയ്ക്കാൻ വയ്യ ഇരുട്ടായ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂട് ഒഴിവാക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്താൽ അല്ലേ ഇരുട്ടായി പിന്നെ ചൂടില്ല അങ്ങനെ സംഭവിക്കൂ എന്ത് എളുപ്പമായി ഫാനിന്റെ ആവശ്യമില്ല കറണ്ടില്ലാപിക്കാം കറണ്ടില്ലാ അപ്പോ അദ്വീതി പറയുന്നത് ഇരട്ട തിരുന്നാലും എന്തുണ്ട് ചൂടുവുണ്ട് തണുപ്പുമുണ്ട് തേജ സംയോഗം എന്ന് പറയുന്നത് എന്താണ് അതങ്ങനെ പറയാം തേജ സംയോഗം ഉണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ എന്താണ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചൂതഛായയും വടച്ചായയിലും തമസ് ഒരുപോലെയാണ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും തേജസ്സമീപം രണ്ടടുത്തും എങ്ങനെ ഇരിക്കും ഒരുപോലെ ഇരിക്കും വ്യത്യാസം എന്തുകൊണ്ടുവന്നു എങ്ങനെ അത് നിങ്ങൾ രണ്ട് ഇവിടെ ഇപ്പൊ രണ്ടുമുണ്ടല്ലോ മാവുമുണ്ട് ഉച്ച സമയത്ത് രണ്ടിന്റെ ചുവട്ടിൽ പോയിരുന്നു നോക്കുക ഒരിടത്ത് തണുപ്പും മേടത്തേക്കും അപ്പൊ നിങ്ങൾക്ക് പറയാം അവിടെ തേജസ് സംയോഗം കൂടുതലും കൂടെ കുറവെന്ന് പറയാൻ പറ്റും കാരണം തേജസ് പന്ത്രണ്ട് മണിക്കല്ല ഒരുപോലെയാ അത് തന്നെ സൂര്യനല്ല പക്ഷപാതം ഉണ്ടാ സൂര്യന് പക്ഷപാതം എല്ലാം ഉണ്ടോ തേജസ് എല്ലായിടത്തും നിങ്ങൾ പറയുന്ന തേജസ്മയം എന്ന് പറയുന്നത് എങ്ങനെ വരണം അന്തരീക്ഷത്തിലൂടെ വരണ്ടേ തേജസ്സിൽ നിന്ന് അപ്പൊ അങ്ങനെയാണെങ്കി എന്തുവരണം അങ്ങനെയാണ് നിങ്ങള് പറയണമെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരും എന്ത് വേണം രണ്ടിടത്തെയും ചായക്ക് വ്യത്യാസം വരണം അല്ലേ ഒരിടത്ത് ഭയങ്കര ഇരുട്ടായിരിക്കണം ഒരിടത്ത് വെളിച്ചമായിരിക്കണം അങ്ങനെയല്ല ഇത് രണ്ടിടത്ത് ഒരേപോലെയുള്ള ചായ നിഴല് നിഴലിന് വ്യത്യാസമില്ല പ്രതിബന്ധകത്തിന്റെ വ്യത്യാസം പറയണെങ്കിൽ നിഴലിന് എന്ത് വ്യത്യാസം വരണം നിഴല് ഒരുപോലെ തന്നെ അപ്പൊ പിന്നെ അതിനെ പറയാൻ പറ്റൂ പറ്റൂ അതിൻ്റെ ഇപ്പൊ പറഞ്ഞു ഉച്ചത്തിൻ്റെതാണെങ്കിലും എന്ത് വേണം നിഴലിൽ വ്യത്യാസം വരണം ഇത് രണ്ടു മരത്തിൻ്റെയും ചോട്ടിലും നിഴലിൽ ഒരുപോലെ തന്നെ പക്ഷെ ഒരിടത്ത് ചൂട് അല്ല ഇനി നിങ്ങൾ പറയണ അതല്ല വൃക്ഷത്തിലാണ് വ്യത്യാസമെന്ന് പറയണമെങ്കിൽ അത് മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കുമ്പോഴുള്ള കാര്യമാണ് ഇത് ചായ ഇരിക്കുന്ന കാര്യമാണ് മര മേളിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ പറയണ ഇവിടെ നല്ലതാണ് അതെ മരത്തിന്റെ വ്യത്യാസം ഇത് അടിയിലിരിക്കുന്ന കാര്യമാറിയതാ ഈ വൃക്ഷത്തിൽ ജലം കൂടുതലുണ്ട് ഈ വൃക്ഷത്തിൽ ജലം കുറവെന്ന് പറഞ്ഞാൽ അറിയണമെങ്കിൽ എവിടെ വേണം എന്റെ മേളെ കയറണ്ടേ താഴെ ഇരിക്കുമ്പോ ചായയിലാണ് വൃക്ഷത്തിലല്ല വൃക്ഷത്തിന്റെ ഇലയിലല്ല ഒരിടത്തും അല്ല ഏത് മരം ഏത് ആ അതുകൊണ്ടെന്തോ എന്നിട്ടും മേളിൽ ചെന്നിട്ട് മഴയായിട്ട് താഴോട്ട് പെയ്യോ എങ്ങനെയാ അതിന്റെ സയൻസ് എന്താണ് വട ഉഷം ശരിക്കും വെള്ളം കൂടുതൽ എടുക്കുന്നു എന്നിട്ടെന്ത ഈ മേളിൽ ചെന്നിട്ട് ബാക്കി കൂടെ പറയണമുണ്ടോ ഏ മണ്ണ് അങ്ങനെയുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തുവരുന്നു ഈ മരങ്ങളുടെ ചൂട്ടനൊക്കെ പല ദിവസം സംഭവിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ കാടുകയറി പോവും കാർബൺ ഡയോക്സൈഡ് ചൂടായിട്ട് എന്താ ബന്ധം കാർബൺ അങ്ങനെ കാർബൺ ൂടുതൽ വരുമോ അറിയാൻ വയ്യാത്ത കാര്യം പറയാം അറിയാൻ വയ്യ അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ പറയുക നിങ്ങൾക്ക് എനിക്കും അറിയാൻ വയ്യാത്ത കാര്യം ഓക്സിജൻ കാർബൺ ഡേക്കിടന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല അറിയാവുന്ന കാര്യം പറയും എന്താണോ ഓസ്മോസിക്സിനെ കുറിച്ച് കൂടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല അറിയാമെന്നുള്ള കാര്യം പറയും അത് പറഞ്ഞാ മനസ്സിലാവും എന്ത് പിന്നെ നീണ്ടു കൊണ്ട് ഇവിടെ തീർന്നു ഈ വിഷയം തീർന്നു ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ താർക്കീകന്റെ ഗ്യാസ് പോയി ഇനി താർക്കീലൊന്നും പറയത്ത വിഷയത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഈ പ്രശ്നം തീർന്നല്ലോ ഇവിടെ ഇന്ത്യയും കറക്റ്റായല്ലേ